അധ്യായം മൂന്ന് ശമുവൽ ബാലൻ ഏലിയുടെ മുമ്പാകെ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോന്നു ആ കാലത്ത് യഹോവയുടെ വചനം ദുർലഭമായിരുന്നു ദർശനം ഏറെ ഇല്ലായിരുന്നു ആ കാലത്തൊരിക്കൽ ഏലി തന്റെ സ്ഥലത്ത് കിടന്നുറങ്ങി കാൺമാൻ വഹിയാതവണ്ണം അവന്റെ കണ്ണ് മങ്ങിത്തുടങ്ങിയിരുന്നു ശമുവേൽ ദൈവത്തിന്റെ പെട്ടകമിരിക്കുന്ന യഹോവയുടെ മന്ദിരത്തിൽ ദൈവത്തിന്റെ വിളക്ക് കിടുന്നതിനു മുമ്പേ ചെന്നു കിടന്നു യഹോവ ശമു വിളിച്ചു അടിയൻ എന്ന് അവൻ വിളിക്കേട്ട് ഏലിയുടെ അടുക്കൽ ഓടിച്ചെന്ത അടിയൻ എന്നെ വിളിച്ചുവല്ലോ എന്ന് പറഞ്ഞു ഞാൻ വിളിച്ചില്ല പോയി കിടന്നുകൊള്ളുക എന്ന് അവൻ പറഞ്ഞു അവൻ പോയി കിടന്നു യഹോവ പിന്നെയും ശമുവേലേ എന്ന് വിളിച്ചു ശമുവേൽ എഴുന്നേറ്റ് ഏലിയുടെ അടുക്കൽ ചെന്നു അടിയനീത എന്നെ വിളിച്ചുവല്ലോ എന്ന് പറഞ്ഞു ഞാൻ വിളിച്ചില്ല മകനെ പോയി കിടന്നുകൊള്ളുക എന്ന് അവൻ പറഞ്ഞു ശമുവേൽ അന്നുവരെ യഹോവയെ അറിഞ്ഞില്ല യഹോവയുടെ വചന അവന് അന്നുവരെ വെളിപ്പെട്ടതുമില്ല യഹോവ ശമുവേലിനെ മൂന്നാം പ്രാവശ്യം അവൻ എഴുന്നേറ്റ് ഏലിയുടെ അടുക്കൽ ചെന്നു അടിയനിതാ എന്നെ വിളിച്ചുവല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ യഹോവയായിരുന്നു ബാലനെ വിളിച്ചതെന്ന് ഏലിക്ക് മനസ്സിലായി ഏലി ഷമുവേലിനോട് പോയി കിടന്നുകൊള്ളുക ഇനിയും നിന്നെ വിളിച്ചാൽ യഹോവെ അരുളി ചെയ്യണമേ അടിയൻ കേൾക്കുന്നു എന്ന് പറഞ്ഞുകൊള്ളണം എന്നു പറഞ്ഞു അങ്ങനെ ശമുവേൽ തന്റെ സ്ഥലത്ത് ചെന്ന് കിടന്നു അപ്പോൾ യഹോവ വന്നു നിന്ന് മുമ്പലത്തെ പോലെ ശമുവേലെ ശമുവേലെ എന്ന് വിളിച്ചു അതിന് ശമുവേൽ അരുളി ചെയ്യണമേ അടിയൻ കേൾക്കുന്നു എന്ന് പറഞ്ഞു യഹോവ ശമുവേലിനോട് അരുളി ചെയ്തത് ഇതാ ഞാൻ ഇസ്രയേലിൽ ഒരു കാര്യം ചെയ്യി അത് കേൾക്കുന്നവന്റെ ചെവി രണ്ടും മുഴങ്ങുറങ്ങും ഞാൻ ഏലിയുടെ ഭവനത്തെക്കുറിച്ച് അരുളി ചെയ്തതൊക്കെയും ഞാൻ അന്ന് അവന്റെ മേൽ ആദ്യന്തം നിവർത്തിക്കും അവന്റെ പുത്രന്മാർ ദൈവദൂഷണം പറയുന്ന അകൃത്യം അവൻ അറിഞ്ഞിട്ടും അവരെ ശാസി ചമർത്തായിക കൊണ്ട് ഞാൻ അവന്റെ ഭവനത്തിന് എന്നും ശിക്ഷ ഞാൻ അവനോട് കൽപ്പിച്ചിരിക്കുന്നു ഏലിയുടെ ഭവനത്തിന്റെ അകൃത്യത്തിന് യാകത്താലും വഴിപാടിനാലും ഒരു പരിഹാരം വരികയില്ല എന്നാണ് ഞാൻ ഏലിയുടെ ഭവനത്തോട് സത്യം ചെയ്തിരിക്കുന്നു പിന്നെ ശമുവേൽ രാവിലെ വരെ കിടന്നുറങ്ങി രാവിലെ ഈ ഹോവയുടെ ആലയത്തിന്റെ വാതിലുകളെ തുറന്നു എന്നാൽ ഈ ദർശനം ഏലിയെ അറിയിപ്പാൻ ശമുവേൽ ശങ്കിച്ചു ഏലി ഷമുവേലിനെ വിളിച്ചു ശമുവേല് മകനെ എന്ന് പറഞ്ഞു അടിയനീത എന്ന് അവൻ പറഞ്ഞു അപ്പോൾ അവൻ നിനക്കുണ്ടായ രുളപ്പാട് എന്തെന്ത് എന്നെ ഒന്നും മറക്കരുത് നിന്നോടരുളി ചെയ്ത സകലത്തിലും ഒരു വാക്കെങ്കിലും മറച്ചാൽ ദൈവം നിന്നോട് തക്കവണ്ണവും അധികവും ചെയ്യട്ടെ എന്നു പറഞ്ഞു അങ്ങനെ ശമുവൽ സകലവും അവനെ അറിയിച്ചു ഒന്നും മറച്ചില്ല എന്നാറേ അവൻ യഹോവയല്ലോ തന്റെ ഇഷ്ടം പോലെ ചെയ്യട്ടെ എന്നു പറഞ്ഞു എന്നാൽ മുവേൽ വളർന്നു യഹോവ അവനോടു കൂടെ ഉണ്ടായിരുന്നു അവന്റെ വചനങ്ങളിലൊന്നും നിഷ്ഫലമാകുവാൻ ഇടവരുത്തിയതുമില്ല ദാൻ മുതൽ ബർഷേബരെയുള്ള ഇസ്രയേലൊക്കെയും ഷമുവേൽ യഹോവയുടെ വിശ്വസ്ത പ്രവാചകനെന്ന് ഗ്രഹിച്ചു ഇങ്ങനെ യഹോവ ഷീലോവിൽ വെച്ച് ഷമുവേലിന് യഹോവയുടെ വചനത്താൽ വെളിപ്പെട്ട ശേഷം यो वावा वी वी शीलोग प्रत्यक्षन